മുസാ അലഹിസ്സലാം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻറെ ജനങ്ങളെ നിങ്ങളൊരു കിടാവിനെ സ്വീകരിച്ചതിലൂടെ നിങ്ങൾക്കു തന്നെ നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങളെ സൃഷ്ടിച്ചവങ്കിലേക്ക് നിങ്ങൾ മടങ്ങുക നിങ്ങളുടെ തന്നെ ജീവനെടുക്കുക നിങ്ങളുടെ സൃഷ്ടാവിൻറെ അടുക്കൽ നിങ്ങൾക്കേറ്റവും ഉത്തമമായത് അതാണ് അങ്ങനെ അള്ളാഹു സുബഹാനഹുവത്തായാല നിങ്ങൾക്ക് മാപ്പു നൽകി തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്